മറിച്ച് തങ്ങളുടെ അറിവെത്താത്ത കാര്യത്തെ അവർ നിഷേധിച്ചു അതിന്റെ വിശദീകരണം അവർക്ക് വന്നെത്തിയിട്ടുമില്ല അവർക്ക് മുൻപുള്ളവരും ഇപ്രകാരം നിഷേധിച്ചിരുന്നു അതിനാൽ അക്രമികളുടെ ഒടുക്കം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക